ഹിസ്കിയ രാജാവിന്റെ പതിനാലാം ആണ്ടിൽ അശുർ രാജാവായ സൻഹേരി യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടുവന്ന് അവയെ പിടിച്ചു അന്ന് അശുർ രാജാവ് രബ്ഷാക്കയെ ലാഖിസിൽ നിന്ന് യരുഷലേമിലേക്ക് ഹിസ്കിയ രാജാവിന്റെ അടുക്കൽ ഒരു വലിയ സൈന്യത്തോടുകൂടെ അയച്ചു അവൻ അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കലുള്ള മേലത്തെ കുളത്തിന്റെ കൽപ്പാത്തിക്കരികെ നിന്നു അപ്പോൾ ഹിൽക്കിയാവിന്റെ മകൻ എല്ലിയ എന്ന രാജധാനി വിചാരകനും രാജസക്കാരൻ ശബ്നയും ആസാഫിന്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും അവന്റെ അടുക്കൽ പുറത്തു രബ്ഷാക്കെ അവരോട് പറഞ്ഞത് എന്തെന്നാൽ നിങ്ങൾ ഹിസ്കിയാവോട് പറയേണ്ടത് അശൂർ രാജാവായ മഹാരാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത് യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവുമുണ്ട് എന്നുള്ള വെറും വാക്കത്രേ എന്ന് ഞാൻ പറയുന്നു ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത് ഓടക്കോലായ മിസ്രൈമിലല്ലോ നീ ആശ്രയിച്ചിരിക്കുന്നത് അത് ഒരുത്തൻ ഊന്നിയാൽ അവന്റെ ഉള്ളംകൈയിൽ തറച്ചുകൊള്ളും മിസ്രൈം രാജാവായ ഫറവോൻ തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ അല്ല നീ എന്നോട് ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഹിസ്കിയാവ് നീക്കിക്കളഞ്ഞിട്ടല്ലോ യഹൂദയോടും യരിശിലേമ്യരോടും നിങ്ങൾ ഈ അകപീടത്തിന്റെ മുമ്പിൽ നമസ്കരിപ്പീൻ എന്ന് കൽപ്പിച്ചത് ആകട്ടെ എന്റെ യജമാനനായ അശൂർ രാജാവുമായി വാതു കിട്ടുക തക്ക കുതിരച്ചേവകരെ കയറ്റുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ രണ്ടായിരം കുതിരെ നിനക്ക് തരാം നീ പിന്നെ എങ്ങനെ എന്റെ യജമാനന്റെ എളിയദാസന്മാരിൽ ഒരു പടനായകനെയെങ്കിലും മടക്കും രഥങ്ങൾക്കായിട്ടും കുതിരച്ചേവകർക്കായിട്ടും നീ മിസറൈമിൽ ആശ്രയിക്കുന്നുവല്ലോ ഞാനിപ്പോൾ ഈ ദേശം നശിപ്പിപ്പാൻ യഹോവയെ കൂടാതെയോ അതിന്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത് യഹോവ ഈ ദേശത്തിന്റെ നേരെ പുറപ്പെട്ടു ചെന്ന് അതിനെ നശിപ്പിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ എല്യാക്കീമും ശബ്നയും യോവാഹും രബ്ശാക്കയോട് അടിയങ്ങളോട് അരാം ഭാഷയിൽ സംസാരിക്കാനമേ അത് ഞങ്ങൾക്കറിയാം മതിലിന്മേലുള്ള ജന കേൾക്കെ ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുത് എന്നു പറഞ്ഞു അതിന് രബ്ഷാക്കെ നിന്റെ യജമാനനോടും നിന്നോടും ഈ വാക്കു പറവാനും എന്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത് നിങ്ങളോടുകൂടി സ്വന്തം മലം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യുവാൻ മതിലിന്മേലിരിക്കുന്ന പുരുഷന്മാരുടെ അടുക്കലല്ലയോ എന്നു പറഞ്ഞു അങ്ങനെ രബ്ഷാക്കെ നിന്നുകൊണ്ട് യഹൂദ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ മഹാരാജാവായ അശൂർ രാജാവിന്റെ വാക്ക് കേൾപ്പിൻ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത് അവന് നിങ്ങളെ വിടുവിപ്പാൻ കഴിയയില്ല യഹോവൻ നമ്മെ നിശ്ചയമായി വിടിവിക്കും ഈ നഗരം അശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കയില്ല എന്നു പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ യഹോവയിൽ ആശ്രയിക്കുമാറാക്കുകയും അരുത് ഹിസ്കിയാവിന് നിങ്ങൾ ചെവി കൊടുക്കരുത് അശുർ ഇപ്രകാരം കൽപ്പിക്കുന്നു നിങ്ങൾ എന്നോട് സന്ധി ചെയ്ത് എന്റെ അടുക്കൽ പുറത്തുവരുവീൻ നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിന്റെയും ഫലം തിന്നുകയും താന്താന്റെ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തു പിന്നെ ഞാൻ വന്ന് നിങ്ങളുടെ ദേശത്തിന് തുല്യമായി ധന്യവും വീഞ്ഞും അപ്പവും മുന്തിരി തോട്ടങ്ങളുമുള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും യഹോവൻ നമ്മെ വിടുവിക്കുമെന്ന് പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത് ജാതികളുടെ ദേവന്മാരിൽ ആരെങ്കിലും തന്റെ ദേശത്തെ അശുർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ ഹമാത്തിലെയും അർപ്പാദിലെയും ദേവന്മാർ എവിടെ സെഫർവയുമില്ലെ ദേവന്മാരും എവിടെ അവർ ചമരിയെ എന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ യഹോവ യെരുഷലേമിനെ എന്റെ കൈയിൽ നിന്ന് വിടിവിപ്പാൻ ആ ദേശങ്ങളിലെ സകല ദേവന്മാരിലും വെച്ച് ഒരുത്തൻ തന്റെ ദേശത്തെ എന്റെ കൈയിൽ നിന്ന് വിടുവിച്ചുവോ എന്നാൽ ജനം മിണ്ടാതിരുന്ന് അവനോട് ഒന്നും ഉത്തരം പറഞ്ഞില്ല അവനോട് ഉത്തരം പറയരുതെന്ന് രാജകൽപ്പന ഉണ്ടായിരുന്നു ഹിൽകിയാവിന്റെ മകൻ എല്ലിയക്കീം എന്ന രാജധാനി വിചാരകനും രാജസക്കാരൻ ശബ്നയും ആസാഫിന്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും വസ്ത്രം കീറി ഹിസ്കിയാവിന്റെ അടുക്കൽ വന്ന് രബ്ഷാക്കയുടെ വാക്ക് അവനോട് അറിയിച്ചു